അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ കാതുകളിൽ ബധിരതയുണ്ട് ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിലൊരു മറയുമുണ്ട് അതിനാൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിച്ചു